ധ്യായം നാൽപ്പത്തി രണ്ട് അനന്തരം എല്ലാ പടത്തലവന്മാരും കാരേഹിന്റെ മകനായ യോഹാനും ഹോസയ്യാവിൻ്റെ മകനായ യസ് അന്യാവും ആപാലവൃത്തം സർവജനവും അടുത്തുവന്ന് ഇരമ്യ പ്രവചകനോട് നിന്റെ ദൈവമായ ഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായ ഞങ്ങൾക്കുവേണ്ടി നിന്റെ ദൈവമായ ഹോബിയോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഞങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണമേ അസംഖ്യ ജനമായിരുന്ന ഞങ്ങളിൽ അല്പം പേർ മാത്രമേ ശേഷിപ്പുള്ളൂ എന്ന് നീ സ്വന്ത കണ്ണാൽ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു എരമ്യ പ്രവാചകനവരോട് ഞാൻ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോവയോട് പ്രാർത്ഥിക്കും യഹോവ നിങ്ങൾക്ക് ഉത്തരമരുളുന്നതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കും ഒന്നും മറച്ചുവെക്കയില്ല എന്നു പറഞ്ഞു അവർ ഇരമ്യാവോട് നീ മുഖാന്തരം നിന്റെ ദൈവമായഹോവ ഞങ്ങളോട് അരുളി ചെയ്യുന്നത് പോലെയൊക്കെയും ഞങ്ങൾ ചെയ്യാതെ യഹോവ നമ്മുടെ മധ്യേ സത്യവും വിശ്വസ്തതയുമുള്ള സാക്ഷിയായിരിക്കട്ടെ ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ ഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കും എന്ന് പറഞ്ഞു പത്തു ദിവസം കഴിഞ്ഞ ശേഷം ഇരമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി അവൻ കാരേഹിന്റെ മകനായ യോഹാനയും കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും അപാലവൃത്തം സകല ജനത്തെയും വിളിച്ചവരോട് പറഞ്ഞത് നിങ്ങളുടെ അപേക്ഷ ബോധിപ്പിപ്പാൻ നിങ്ങൾ എന്നെ പറഞ്ഞയച്ച ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ഈ ദേശത്ത് ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണികയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുദിപ്പിക്കുന്നു നിങ്ങൾ പേടിക്കുന്ന ബാബൽ രാജാവിനെ പേടിക്കേണ്ട നിങ്ങളെ രക്ഷിപ്പാനും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടിവിപ്പാനും ഞാൻ നിങ്ങളോടുകൂടെ ഉള്ളതുകൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട് അവന് നിങ്ങളോട് കരുണ തോന്നുവാനും നിങ്ങളെ നിങ്ങളുടെ ദേശത്തേക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് കരുണ കാണിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കനുസരിക്കാതെ ഞങ്ങൾ ഈ ദേശത്ത് പാർക്കയില്ല യുദ്ധം കാൺമാനില്ലാത്തതും കാഹളനാഥം കേൾപ്പാനില്ലാത്തതും ആഹാരത്തിന് മുട്ടില്ലാത്തതുമായ മിശ്രീം ദേശത്ത് ചെന്ന് പാർക്കുമെന്ന് പറയുന്നു എങ്കിൽ യഹൂദയിൽ ശേഷിപ്പുള്ളവരെ ഇപ്പോൾ യഹോവയുടെ വചനം കേൾപ്പിൻ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങൾ മിസ്രൈമിലേക്ക് പോകുവാൻ മുഖം തിരിച്ച് അവിടെ ചെന്ന് പാർക്കേണ്ടതിന് ഭാവിക്കുന്നു എങ്കിൽ നിങ്ങൾ പേടിക്കുന്ന വാൾ അവിടെ മിസ്രൈം ദേശത്ത് വെച്ച് നിങ്ങളെ പിടിക്കും നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം അവിടെ മിസ്രൈമിൽ വച്ച് നിങ്ങളെ ബാധിക്കും അവിടെ വെച്ച് നിങ്ങൾ മരിക്കും മിസ്രൈമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകുവാൻ മുഖം തിരിച്ചിരിക്കുന്ന ഏവരും ൾകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും ഞാൻ അവർക്കു വരുത്തുന്ന അനർത്ഥത്തിൽ അകപ്പെടാതെ അവരിലാരും ശേഷിക്കുകയോ ഒഴിഞ്ഞു പോകുകയോ ചെയ്യുകയില്ല ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്റെ കോപവും എന്റെ ക്രോധവും എരുസലാൻ നിവാസികളുടെ മേൽ പകർന്നിരിക്കുന്നത് തന്നെ നിങ്ങൾ മിശ്രൈമിൽ ചെല്ലുമ്പോൾ എന്റെ ക്രോധം നിങ്ങളുടെ മേലും പകരും നിങ്ങൾ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്നക്കും വിഷയമായി തീരും ഈ സ്ഥലം നിങ്ങൾ ഇനി കാണുകയുമില്ല യഹൂദയിൽ ശേഷിപ്പുള്ളവരെ നിങ്ങൾ മിശ്രയിമിൽ പോകരുതെന്ന് യഹോവ കൽപ്പിക്കുന്നു ഞാനത് ഇന്ന് നിങ്ങളോട് സാക്ഷീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളേ നീ ഞങ്ങളുടെ ദൈവമായ ഹോവയോട് ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ദൈവമായ ഹോവ കൽപ്പിക്കുന്നതൊക്കെയും നീ ഞങ്ങളോട് അറിയിക്കണം ഞങ്ങളതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളെന്നെ നിങ്ങളുടെ ദൈവമായ ഹോവയുടെ അടുക്കൽ അയച്ചു ഞാൻ ഇന്ന് അത് നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു നിങ്ങളോ നിങ്ങളുടെ ദൈവമായ ഹോവയുടെ വാക്ക് ഞാൻ മുഖാന്തരം അവൻ നിങ്ങളോട് അറിയിച്ച കാര്യം ഒന്നും അനുസരിച്ചിട്ടില്ല ഇതിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ ചതിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ ഇപ്പോൾ ചെന്ന് പാർപ്പാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തു വച്ച് നിങ്ങൾ വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളു